വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ അള്ളാഹുസുബഹാനഹൂവത്തെ ആലായെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം വീണ്ടും അള്ളാഹു സുബഹാനഹൂവത്തെ ആലായെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും പിന്നീട് അള്ളാഹുസുബഹാനഹൂവത്തെ ആലായെ സൂക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ നന്നായി ചെയ്യുകയും ചെയ്തുകയാണെങ്കിൽ അവർ ഭക്ഷിച്ച കാര്യങ്ങളിൽ അവർക്ക് യാതൊരു കുറ്റവുമില്ല സൽക്കർമ്മങ്ങൾ നന്നായി ചെയ്യുന്നവരെ അള്ളാഹുസുബഹാനഹൂവത്തെ ആല ഇഷ്ടപ്പെടുന്നു